ക്ഷ സിദ്ധാന്തവും പറഞ്ഞു പിന്നെ അധ്യാസത്തിന്റെ ലക്ഷണവും പറഞ്ഞു ഇതാണ് ഇതുവരെ ചർച്ച ചെയ്ത് അത്യാസം നടക്കുന്നില്ല എന്ന് പൂർവപക്ഷം പറഞ്ഞു വിദ്യാസമാണ് ഇവിടെ നടക്കുന്നെന്ന് സിദ്ധാന്തം പറഞ്ഞു ലക്ഷണം പറയുന്ന ആളും ഇനി ുദ്ധി രജതജ്ഞാനം അതാണ് അഭ്യാസം അതിന് മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണ് അത് പറയുന്നത് അദ്വീതികളല്ലാത്തവരെന്താ കുറിച്ച് പറയുന്നു കേത്ര അന്യധർമ്മ അന്യത്ര അന്യധർമ്മ മറ്റൊരു ലക്ഷണമാണ് അധ്യാസത്തിൽ ബൗദ്ധന്മാർ പറയുന്ന അവരുടെ ലക്ഷണം ഇതാണ് അന്യത്ര അന്യധർമ്മ അത് വിശദീകരിക്കുന്നു അന്യധർമ്മം പറഞ്ഞ ജ്ഞാനധർമ്മം രജതം എന്ന് പറയുന്നത് എന്താണ് ശുക്തിയിലെ രജതം അത് ജ്ഞാനധർമ്മമാണ് ജ്ഞാനത്തിന്റെ ധർമ്മമാണ് ജ്ഞാനധർമ്മസ്യ രജതസ്യ അതെന്താണ് ജ്ഞാനാകാരം നമ്മള് ശുക്തി രജതത്തെ കാണുമ്പോൾ അവിടെ കാണുന്ന എന്താണ് ആ രം എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ ഒരു രൂപമാണ് അല്ലാതെ അതല്ലാതെ ഒരു പദാർത്ഥമുണ്ട് അതാണ് ആകാരം ജ്ഞാനത്തിന്റെ ഒരു എന്നാണ് അതിന്റെ അർത്ഥം ഇത്യാവതെന്ന് വെച്ചാൽ അതാണ് എന്റെ അർത്ഥം അപ്പൊ ഇവിടെ എന്താണ് അന്യധർമ്മ അധ്യാസം ഇപ്പൊ ജ്ഞാനാകാരത്തിന്റെ അധ്യാസം ബാഹ്യ ബാഹ്യം രജതം എന്നിടത്ത് ശക്തികൾ ശക്തികേൽ എന്ത് ചെയ്യുന്നു ജ്ഞാന രൂപത്തെ ജ്ഞാനരൂപമായ രജതത്തെ എന്ത് ചെയ്യുന്നു അധ്യസിക്കുന്നു ഇതാണ് ബൗദ്ധന്മാര് പറയുന്നത് വിജ്ഞാനവാദികളുടെ അഭിപ്രായങ്ങൾ പറയും അപ്പൊ ഇതം രചിതം എന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ഉള്ളിലോ കാണുന്നവന്റെ ഉള്ളിലോ പ്രദിക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്ഷണികവിജ്ഞാൻ അതിനാണ് ആത്മചൈതന്യം എന്നവർ പറയുന്നത് ഉള്ളിൽ പ്രദക്ഷണം മാറിക്കൊണ്ടിരിക്കുന്ന ആത്മവിജ്ഞാൻ ക്ഷണിക വിജ്ഞാൻ ആ വിജ്ഞാനം എന്ത് ചെയ്യുന്നു രജത ആകാരത്തിലാവും എന്നിട്ട് മുമ്പിലുള്ള ശുക്തി അതിനെ ആരോപിക്കുന്നു എങ്ങനെ ആരോപിക്കുന്നു ഇതം രജതം അങ്ങനെ ആരോപിക്കും ഇതാണ് അവർ പറയുന്നത് അപ്പൊ ശുക്തിയിലെ രജതം എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ ആ രൂപമാണ് ഇതാണ് അദ്വൈത സിദ്ധാന്തമായി മാറിയതാണ് ഇപ്പൊ ഉള്ളിലിരിക്കുന്ന ജ്ഞാനം രജത രൂപത്തിൽ പുറമേ ആരോപിക്കുന്നു എന്ന് പറയുന്നു അതിന് കുറച്ച് മാറ്റം വരുത്തി അദ്വൈതമാവും ആണ് ഇവിടെ എന്ത് പറഞ്ഞത് അന്യധർമ്മസ്യ അന്യധർമ്മസ്യ അന്യധർമ്മം എന്തായി ഞാനെന്നർമ്മ അന്യത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ശുദ്ധയിൽ അഭ്യാസം ആരോപിക്കുന്നു ഇതാണ് ഇതിന്റെ അർത്ഥം അന്യത്ര പറയുന്നു സൗത്രാന്തിക നയ തവത് ബാഹ്യ സ്ഥി വസ്തു വസ്തുസത്വ താകാരസ്യോട്ടാണ് സൌത്രാന്തിക അഭിപ്രായം അനുസരിച്ച് അവിടെ ബൗദ്ധന്മാരും നാല് കുട്ടിയാണ് സൌത്രാന്തികന്മാര് വൈഭാഷികന്മാര് യോഗാചാരന്മാര് മാധ്യമികന്മാര് അത് സൗത്രാന്തികൻ എന്ന് പറയുമ്പോ സൌത്രാന്തികനും വൈഭാഷികനും രണ്ടു പേരും എടുക്കാം The... ീ രണ്ടൂട്ടരും പറയുന്നത് എന്താണ് പുറമേ വസ്തുക്കൾ ഉണ്ട് എന്നാണ് ബാഹ്യമായ വസ്തുക്കൾ ഉണ്ട് വസ്തുസത്തീകരിക്കുന്നു സൌത്രാന്തന്മാർ പറയുന്നത് ഞാനിപ്പോ ഈ കണ്ണാടി കാണുന്നു ഈ കണ്ണാടി കാണുന്നു എന്ന് വെച്ചാൽ ഇത് എവിടെ കാണുന്നു എന്റെ ജ്ഞാനത്തിലാണ് ഇതിനെ കാണുന്നത് എന്റെ ജ്ഞാനത്തിലാണിത് എനിക്ക് പ്രകടമാകുന്നത് പ്രകടമാവുമ്പോ ശരിക്കും ഞാൻ കാണുന്ന ഈ കണ്ണാടി വസ്തു ഇതിനെയാണോ ഞാൻ കാണുന്നതല്ല ഇവിടെ പ്രത്യക്ഷമല്ലാത്ത ഒരു കണ്ണാടിയുണ്ട് അത് പ്രത്യക്ഷമുണ്ട് ആ വസ്തുവെന്ത് ചെയ്യുന്നു എന്റെ ഈ ജ്ഞാനത്തിൽ അതിന്റെ രൂപത്തെ ഇങ്ങോട്ട് സമർപ്പിക്കുകയാണ് ഇമ്മള് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വസ്തു നമ്മളിവിടെ പോരുമോ കരുത്തില്ലോ പിന്നെ മൊബൈലിൽ വന്നു ഫോട്ടോ മാത്രമേ കാണാൻ പറ്റൂ അതാണ് ആകാര സമർപ്പണമെന്ന് പറയുന്നത് മുമ്പിലിരിക്കുന്ന വസ്തുവിന്റെ ആകാരമാണ് അവിടെ കിട്ടുന്നത് ക്യാമറയിൽ അതുപോലെ ഈ വസ്തു ിലിരിക്കുന്ന ജ്ഞാനത്തിൽ ഇതിന്റെ ആകാരത്തെ സമർപ്പിക്കും ആകാരത്തെ സമർപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ അനുമാനിക്കണം പുറമേ ഇങ്ങനെ ഒരു വസ്തുവുണ്ടാവും ഇതെല്ലാ വസ്തു ഇവിടെ ഉണ്ടായിരുന്ന ഒരു വസ്തു യഥാർത്ഥമായിട്ടും ഉണ്ട് ആ വസ്തു എന്ത് ക്യാമറ വച്ച് ഫോട്ടോ എടുക്കുമ്പോൾ ജ്ഞാനത്തിൽ ആ വസ്തുവിന്റെ ആകാരത്തെ സമർപ്പിച്ചതാണ് നമ്മളീ കാണുന്ന വസ്തു ശരിക്കും എന്റെ പിന്നിൽ എന്തുണ്ട് ഒരു വല്ല ഇത് കണ്ടുകൊണ്ട് നമ്മൾ അനുമാനിക്കണം എന്താണ് ഇതിന്റെ പിന്നിലെ ഒരു വസ്തുവട്ടത് എന്റെ ജ്ഞാനത്തിൽ ആകാരത്തെ സമർപ്പിക്കുന്ന ഈ ആകാരത്തെ സമർപ്പിക്കുന്ന ഒരു വസ്തു എന്റെ പിന്നിലുണ്ട് അനുമാനിക്കുന്നു അപ്പൊ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബാഹ്യമായ വസ്തുക്കളുണ്ട് രണ്ട് അതിനെ അനുമാനിക്കാനേ പറ്റും പ്രത്യക്ഷമാക്കാൻ പറ്റത്തില്ല മനസ്സിലായോ ിട്ടാറുണ്ടെന്ന് നമ്മൾ പറയൂ ജ്ഞാനത്തിൽ പ്രതിഫലിക്കുന്നുവെന്ന് സർക്കാർ മനസ്സിലാക്കുക എന്ത് പ്രതിഫലിക്കുന്നു ആ വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ കാണുന്ന പ്രതിഫലനോ അതാണ് ഞാൻ ക്യാമറയുടെ ഉദാഹരണം പറയാം എന്താ പറഞ്ഞു ക്യാമറയുടെ ഉദാഹരണം അവിടെ നോക്കി ക്യാമറയുടെ ഉദാഹരണം എന്താ പറഞ്ഞു ക്യാമറ വെച്ച് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ കാണുന്ന വസ്തുവിനെ കാണുവോ പിന്നെന്താ കാണുന്നവിടെ അതാണ് വസ്തു വസ്തു വേറെ ഉണ്ട് ആ വസ്തുവൊക്കെ പ്രത്യക്ഷമായി കാണാം ഇവിടെ പറയുന്ന ആ വസ്തുവൊക്കെ പ്രത്യക്ഷമല്ല അനുമാനിക്കാനേ പറ്റുന്ന എന്തുകൊണ്ട് ഇത് ജ്ഞാനത്തിൽ സമർപ്പിച്ച ആകാരമാണ് ഇത് ഈ വസ്തു എന്താണോ ഒരു വസ്തു മറ്റൊരു വസ്തു ജ്ഞാനത്തിൽ സമർപ്പിച്ച ആകാരമാണ് ഇത് വസ്തുവിടെ ഇത് കണ്ടുകൊണ്ട് അനുമാനിക്കണം ഇതിന്റെ എന്തുണ്ട് മറ്റവൻ മറിഞ്ഞിരിക്കുകയാണ് െ അനുമാനത്തിലൂടെ അറിയാത്ത മനസിലായവർക്ക് അതാണ് സൌത്രാന്തികന്മാർ പറയും വൈഭാഷികന്മാരെന്താണ് പറയുന്നത് ഈ പറയുന്നത് ശരി തന്നെയാണ് അവരുടെ അഭിപ്രായത്തിൽ പുറമെ വസ്തു കൊണ്ട് ഞാനും ആഹാരത്തിൽ സമർപ്പിക്കുന്നത് അതൊക്കെ ശരിയല്ല പക്ഷേ എന്താണ് അത് പ്രത്യക്ഷ യോഗ്യമായ വസ്തുവാണെങ്കിൽ നമുക്ക് പ്രത്യക്ഷമായി കാണാൻ പറ്റും ഇതിപ്പോ പ്രത്യക്ഷമാണെങ്കിൽ എന്ത് ചെയ്യുന്നു ജ്ഞാനത്തിൽ ആകാരത്തെ സമർപ്പിച്ച വസ്തു ഇത് തന്നെയാണ് കാരണം ഇത് നമുക്ക് പ്രത്യക്ഷമാണോ എന്റെ പിന്നെ വേറെന്നോ സത്യം തന്നെയാണ് അപ്പൊ പ്രത്യക്ഷ യോഗ്യമായതെല്ലാം എന്ത് ജ്ഞാനത്തിൽ ആകാരത്തെ സമർപ്പിക്കും അത് പ്രത്യക്ഷമാണോ അത് ഇതാണ് മനസ്സിലാക്കുക പക്ഷെ എല്ലാം അങ്ങനെയല്ല ചിലത് അനുമാനിക്കേണ്ടി വരും സൂക്ഷ്മമായി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത വസ്തുക്കളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെയൊക്കെ ഉണ്ടെന്ന് അനുമാനിക്കണം അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പ്രത്യക്ഷയോഗ്യമായതെല്ലാം പ്രത്യക്ഷമാവും അങ്ങനെ അല്ലാത്തതെല്ലാം അനുമാനിക്കണമെന്നാണ് ആര് പറയുന്നത് വൈഭാഷികന്മാർ പറയും പക്ഷെ അവരും പറയുന്ന കാര്യം തന്നെയാണ് എന്താണ് വിഷയം ജ്ഞാനത്തിൽ സ്വന്തം ആകാരത്തെ സമർപ്പിക്കുന്നത് അതാണ് അവർ രണ്ടുപേരും പക്ഷെ ഇത് വസ്തുക്കളെ കുറിച്ച് പറയും പൊതുവെ വസ്തുക്കളെ കുറിച്ച് പറയുന്നതാ രണ്ടു വർഷത്തിനും എന്ത് സ്വീകരിക്കണം വസ്തു ജ്ഞാനത്തിൽ അവരുടെ ആകാരത്തെ സമർപ്പിക്കുന്നു അതാണ് നമ്മൾ വസ്തുക്കളെ അനുഭവിക്കുന്നത് വിജ്ഞാനവാദി ഇങ്ങനെ പറയുമ്പോ വിജ്ഞാനവാദി എന്താ പറയുന്നത് ഇത് സാധാരണ വസ്തുക്കളെ പൊതുവെ കാര്യം ഇതം രചതം എന്ന് പറയുന്നിടത്ത് വിജ്ഞാനവാദി പറയുന്ന ഉള്ളിൽ പ്രതിക്ഷണം ഞാനിങ്ങനെ വന്നുകൊണ്ടേ അതിനുള്ള രജതാകാരത്തെ പുറമേ ഒരു സ്ഥലത്ത് ഇതം രചതോന്ന് ആരോപിക്കും അതാണ് കൂടെ പറഞ്ഞത് ജാനധർമ്മ രസ്യ ജ്ഞാനാകാരശ് അധ്യാസം അന്യത്ര ബാഹ്യം അതിന് പറയുന്നു സൗത്രാന്തിക നയെ താവത് ബാഹ്യം തരോപസ്തു കൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു മനസ്സിലായു എന്നുവെച്ചാൽ ബ്രഹ്മസ്ഥരത്ത് സൌത്രാന്തികന്മാർ പറയും ബ്രഹ്മസ്ഥലത്ത് എന്താണ് അവിടെ വസ്തുവുണ്ട് അവിടെ രജതാകാരത്തെ അവിടെ ആരോപിക്കുന്നു വസ്തു അവിടെയുണ്ട് ശുദ്ധ അവിടെയുണ്ട് രജതാകാരത്തെ അവിടെ ആരോപിക്കുന്നു സൌത്രാന്തിയന്മാരും വൈഭാഷികന്മാരും അത് പറയുന്നു രജത്തെ സംബന്ധിച്ചതവർ പറയുന്നത് എല്ലാ വസ്തുക്കളെ സംബന്ധിച്ചു അതാണ് അവരുടെ അഭിപ്രായം അവര് പറയുന്നത് എന്താണ് രജതം ആത്മരൂപം എന്നുവെച്ചാൽ ജ്ഞാനരൂപമാണ് ശക്തി കാണുന്ന രജതം ജ്ഞാനരൂപമാണ് സംപ്രയോഗം അന്തരേണ അപരോക്ഷത്വ സംപ്രയോഗം എന്ന് വെച്ചാൽ ഇന്ദ്രിയാർത്ഥ സന്നി ഘർഷം അങ്ങനെ ഒന്നും സംഭവിക്കാതെ അനവിടെ ഇല്ലല്ലോ ഇന്ദ്രിയാർത്ഥ സന്നികർഷം സംഭവിക്കണമെങ്കിൽ രജതം വേണം ഇത് ഭ്രമസ്ഥലത്ത് രചതമില്ല അതുകൊണ്ട് സംപ്രയോഗം അന്തരേണ്ണ അപരോക്ഷമായിരിക്കുന്നു എന്ത് രജതം ആണവര് പറയുന്നത് എന്താ പറയുന്നത് സംവേദനം വെച്ചാൽ ഉള്ളിലുണ്ടാകുന്ന ജ്ഞാനം പോലെ എന്റെ ഉള്ളിൽ പല ജ്ഞാനങ്ങളും ഉണ്ടാവും അവിടെ ഇന്ദ്രിയാഴ്ച സന്നിവേഷം ഉണ്ടാകുന്നുണ്ടാ ഉള്ളിലാണ് ജ്ഞാനുണ്ടാകുകയാണെങ്കിൽ ഇന്ദ്രിയാഴ്ച സന്നിധം ഉണ്ടാകുന്നത് ഉള്ളിലെങ്ങനെയാണോ ഇന്ദ്രിയാർത്ഥ സന്നിവശേഷം കൂടാതെ ഞാനുണ്ടാകുന്നത് അതുപോലെയാണ് ഇതം രചതുമെന്ന് രചനം ഉണ്ടാവുന്നു അതെന്താണ് അത് ജ്ഞാനം തന്നെയാണ് അതാണ് അവര് പറയുന്നത് സത്രാന്തിയന്മാരും അഭിഭാഷകന്മാരും ഇത് തന്നെ പറയുന്നു ബാഹ്യമായി വസ്തുക്കൾ ഉണ്ടാകുന്നതിന് ഭാഗ്യവസ്തുക്കൾ ഇതൊക്കെ ഉണ്ടാകുന്നതിനെ ഒരു നാല് ഹേതുക്കളെ പറയുന്നുണ്ട് ഹേതുക്കൾക്ക് ബൗദ്ധശാസ്ത്രജ്ഞ എന്താ പറയുന്നു മുമ്പ് പറഞ്ഞു എന്താ പറയുന്നത് ഏതും ഹേതു പ്രത്യേകി നേരത്തെ വന്നാണ് പ്രത്യേകം പറയും ഹേതു എന്ന് പറയുന്നതാണ് പ്രത്യേകം അതിനൊന്ന് സഹകാരി പ്രത്യം ഈ വസ്തുവിനെ കാണുന്നതിന് എനിക്ക് സഹകാരിപ്രത്യം വേണം സഹകാരിപ്രത്യം എന്ന് പറയുന്നത് എന്താണ് ഒന്ന് വെളിച്ചം വേണം പിന്നെ ഇന്ദ്രിയാർത്ഥ സന്നിഗർഷം വേണം ഇതൊക്കെ സഹകാരിപ്രത്യം വേണം കാരണവും നടത്തി അപ്പൊ ഒരു വസ്തുവിന് ബാഹ്യമായ ഒരു വസ്തു പ്രത്യക്ഷമാകുന്നതിന് ഒന്ന് എന്ത് വേണം സഹ വെളിച്ചം പോലെയുള്ള കാര്യങ്ങൾ വേണം അതാണ് സഹകാരിപ്രത്യം പിന്നെ പറയുന്ന അധിപതിപ്രത്യം അധിപതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചക്ഷു ഇന്ദ്രിയം വേണം ഇന്ദ്രിയം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും ഈ വസ്തുക്കൾ കാണാൻ ചക്ഷു ഇന്ദ്രിയം വേണം ചെവിയൊണ്ട് കാണാൻ പറ്റും എന്താ അതിന് അധിപതിപ്രത്യം വേണം പിന്നെ സമനന്തരപ്രത്യം വേണം ഒരു ജ്ഞാനം ഉണ്ടാകുന്നതിന്റെ മുമ്പിൽ മറ്റൊരു ജ്ഞാനം ഉണ്ടായിരിക്കുന്നു അതാണ് സമനന്തരപ്രതി ഏതൊക്കെയാണ് സ്വകാര്യപ്രതിയും അധിപതിപ്പെട്ട സമനന്തരപ്രതിയും പിന്നെ ആലംബനപ്രതി ച്ചാ എനിക്കിത് കാണുമെങ്കിൽ എന്ത് വേണം ആലംബനമായ വസ്തു വേണം ഇത്രയുണ്ടെങ്കിൽ ഈ വസ്തു എനിക്ക് പ്രത്യക്ഷമാ സ്വകാര്യപ്രത്യം അധിപതിപ്പെടുത്തിയം സമനന്തരപ്രത്യം ആലംബനപ്രതിയം ഇത്രയും കൊണ്ടാണ് വസ്തു പ്രത്യക്ഷമാകും പക്ഷെ ഇതം പ്രേതങ്ങൾക്ക് രേതം ഇങ്ങനെയെന്നുള്ള പ്രത്യക്ഷമാണ് കാരണം അത് എന്താണ് ഉള്ളിലിരിക്കുന്ന ജ്ഞാനം രജത രൂപത്തിൽ പുറത്താരോപിക്കുകയാണ് അവിടെ ഇതൊന്നുമില്ല അതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം മനസിലായ ാന്തികന്മാരും വൈഭാഷികന്മാരും പറയും വിജ്ഞാനവാദികൾ അവിടെ പറയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ പറയുന്നതിന് കുറെ ഭാഗങ്ങള് അവര് യോജിക്കും എന്താണ് വിജ്ഞാനമാണ് കാണുന്നതെന്ന് പറയുന്നത് അവര് യോജിക്കും പക്ഷെ അവര് ബാഹ്യമായ വസ്തു കൊണ്ടെന്നവരംഗീകരിക്കും അതാണ് വ്യത്യാസം സൌത്രാന്തിൻ പറയും ബാഹ്യമായ വസ്തു കൊണ്ട് അത് അനുമാനിക്കണം വൈഭാഷികം പറയും ബാഹ്യമായ വസ്തു കൊണ്ട് അത് പ്രത്യക്ഷമാണ് അനുമാനിക്കുകയും വിജ്ഞാനവാദി പറയുന്നത് ബാഹ്യമായ വസ്തുവുമില്ല പിന്നെ വിജ്ഞാനം മാത്രം അതാണ് അടുത്ത് പറയാൻ പോകുന്നത് വിജ്ഞാനവാദി യുപിന്നാഹ്യം വസ്തുസം ഇനി വിജ്ഞാനവാദികളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലോ സൂത്രാധ്യമന്മാരും വൈഭാഷികന്മാരും പറയുന്ന പോലെയല്ല ബാഹ്യമായ വസ്തു ഇല്ല പിന്നെയോ തനാദി അവിദ്യവാസന ആരോപിതം അനേകം ബാഹ്യം ബാഹ്യമായി ഉള്ള എന്താണ് ശൂന്യമാണ് ശൂന്യം എന്ന് പറഞ്ഞാൽ അതും അനാദിയായ വിജ്ഞാനത്തിലിരിക്കുന്ന വാസന കൊണ്ട് ആരോപിക്കുന്നതായൊരു ശൂന്യം ശൂന്യസത്യ വിജ്ഞാനത്തിലിരിക്കുന്ന അനാദിയായ ക്ഷണിക വിജ്ഞാനമാണ് ഓരോ വിജ്ഞാനത്തിനും പുറത്തുനിന്ന് ഒരു സംസ്കാരം വരും അതുകൊണ്ട് ആരോപിക്കപ്പെടുന്ന ശൂന്യമാണ് ഭാഗ്യമായിട്ടുള്ള അല്ലാതെ ഒരു വസ്തുവ ഇതൊക്കെയാണ് പിന്നീട് അദ്വൈതകൾ പറഞ്ഞ എന്താണ് ബോധം മാത്രമേ ഉള്ളൂ പ്രപഞ്ചം ഇതാ എന്നൊക്കെ പറഞ്ഞു അവർ ശൂന്യം എന്ന് പറഞ്ഞാ ബ്രഹ്മ ശൂന്യമാണ് മനസിലായ തഥാപി അനാദി അവിദ്യാവാസന ആരോപിതം അനാദി അവിദ്യാവാസന കൊണ്ട് അനൂ അനീകം ശൂന്യമാണ് ബാഹ്യം തത്ര ഞാനാകാരസ്യ ആരോപണം രചതം കാണുന്നിടത്ത് എന്താണ് ശൂന്യതയിൽ എന്ത് ചെയ്യുന്നു രചിതത്തെ ആരോപിക്കുന്നു ആ രചതം എന്താണ് ജ്ഞാനാകാരം ജ്ഞാനത്തിന്റെ ഒരു രൂപമാണ് മനസിലായ സൌത്രാന്തിയന്മാർക്കും അഭാഷകന്മാർക്കും ശൂന്യതയിലല്ല ആരോപിക്കുന്നു പിന്നെ ഇവിടെ അവിടെ ഒരു വസ്തുണ്ട് അതിലാണ് ഹിതം പ്രേതമെന്ന് ആരോപിക്കുന്നത് ഇവിടെ ശൂന്യതയിൽ എന്ത് ചെയ്യുന്നു ഹിതം ആരോപിക്കുന്നു ഇതാണ് വ്യത്യാസം മനസിലായ ഇതൊന്നും അദ്വൈത സ്വീകരിക്കില്ല ഇതിനെയൊക്കെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ പറയ അവരുടെ യുക്തി എന്താണോ ഇത് യാദൃശം അനുഭവസിദ്ധം രൂപം താദൃശ്യമേവേതവ്യം ഒരു വസ്തു എങ്ങനെയാണോ അനുഭവപ്പെടുന്നത് ആ വസ്തു നമ്മൾ അതിനങ്ങനെ തന്നെ സ്വീകരിക്കും ഇതൊരു സാമാന്യ നിയമമാണ് മനസിലായി അതാണ് ശുദ്ധിയെ രചതത്തെ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് നമ്മൾ എന്ത് എന്ത് സ്വീകരിക്കുന്നത് രചതും സ്വീകരിക്കുന്നു േദ മനസ്സിലാക്കാൻ പറ്റുന്നു ശുതിരേതാണ് അനുഭവ സിദ്ധം രൂപം ആണ് അന്യത്വം പുനരസ്യ ബലവത് ബാധക പ്രത്യവശനെന്തെങ്കിലും മാറ്റം വരുന്നപ്പോ ബാധകജ്ഞാനം കൊണ്ട് എങ്ങനെ നേതം രജതം റിയുന്നത് വരെ നമ്മളെന്താ കണ്ടുകൊണ്ടിരിക്കുന്ന രേതത്വം നേതം ദേദം എന്നറിഞ്ഞ പിന്നെ അതുപോലെ ബലവത് ബാധക പ്രത്യം എന്ന് പറയുന്നത് മനസിലായ അപ്പോ വിജ്ഞാനവാദി പറയുന്നതിന് ചുരുക്കമാണ് പുറമേ വസ്തുവൊന്നുമില്ല അപ്പോൾ ചോദിക്കുക്തികയിൽ അല്ലേ രജതം അഭ്യസിക്കുന്നത് ശുക്തികയോ അത് ശൂന്യമാണ് ആരോപിതമായ ശൂന്യമാണ് ശുക്തിക അവിടെ ഉള്ളിലിരിക്കുന്ന ജ്ഞാനം അതിന്റെ രജത ആകാരത്തെ രജതരൂപത്തെ അവിടെ ആരോപിക്കുന്നു ജ്ഞാന ഉള്ളിലായിരിക്കുന്നു ഇതിനാണ് പറയുന്നത് ആത്മഖ്യാതി എന്ന് പറയുന്ന ഇതാണ് മനസ്സിലായത് ആത്മാന്ന് വെച്ചാൽ ഞാൻ അതിന്റെ പ്രതീക്ഷ അതിനെ ആരോപിക്കുന്നു അതാണ് രഹിതം അതുകൊണ്ട് ഇതിനെ ആത്മഖ്യാതി എന്ന് പറയുന്നത് പിന്നെ അസത് എന്ന് പറയുന്നു അത് മാധ്യമന്മാർ ശൂന്യത്തെ സ്വീകരിക്കുന്നവരാണ് മാധ്യമന്മാർ അവരെ അസത് ഖ്യാതി ആ mm,